അധ്യായം അനന്തരം അവൻ തന്റെ ഗ്രഹവിചാരകനോട് നീ ഇവരുടെ ചാക്കിൽ പിടിപ്പത് ധാന്യം നിറച്ച് ഓരോരുത്തന്റെ ദ്രവ്യം അവനവന്റെ ചാക്കിന്റെ വായ്ക്കൽ വയ്ക്കുക ഇളയവന്റെ ചാക്കന്റെ വായ്ക്കൽ വെള്ളികൊണ്ടുള്ള എന്റെ പാനപാത്രവും അവന്റെ ധാന്യവിലയും വയ്ക്കുക എന്ന് കൽപ്പിച്ചു യോസെഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു നേരം വെളുത്തപ്പോൾ അവരുടെ കഴുതകളുമായി അവരെ യാത്രയച്ചു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് ദൂരത്താകും മുമ്പെ യോസെഫ് തന്റെ ഗ്രഹവിചാരകനോട് എഴുന്നേറ്റ് ആ പുരുഷന്മാരുടെ പിന്നാലെ ഓടിച്ചെല്ലുക ഒപ്പം എത്തുമ്പോൾ അവരോട് നിങ്ങൾ നന്മയ്ക്കു പകരം തിന്മ ചെയ്തതെന്ത് അതിലല്ലയോ എന്റെ യജമാനൻ കുടിക്കുന്നത് അതിനാലല്ലയോ ലക്ഷണം നോക്കുന്നത് നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും നന്നല്ല എന്ന് പറക എന്ന് കൽപ്പിച്ചു അവൻ അവരുടെ അടുക്കൽ എത്തിയപ്പോൾ ഈ വാക്കുകൾ അവരോട് പറഞ്ഞു അവർ അവനോട് പറഞ്ഞത് യജമാനൻ ഇങ്ങനെ പറയുന്നത് എന്ത് ഈ കാര്യം അടിയങ്ങൾ ഒരു നാളും ഞങ്ങളുടെ ചാക്കന്റെ വായ്ക്കൽ കണ്ട ദ്രവ്യം ഞങ്ങൾ കനാൻ ദേശത്ത് നിന്ന് നിന്റെ അടുക്കൽ വീണ്ടും കൊണ്ടുവന്നുവല്ലോ പിന്നെ ഞങ്ങൾ നിന്റെ യജമാനന്റെ വീട്ടിൽ നിന്ന് വെള്ളിയും പൊന്നും മോഷ്ടിക്കുമോ അടിയങ്ങൾ ആരുടെ പക്കലെങ്കിലും അത് കണ്ടാൽ അവൻ മരിക്കട്ടെ ഞങ്ങളും യജമാനന് അടിമകളായിക്കൊള്ളാം അതിനവൻ നിങ്ങൾ പറഞ്ഞതുപോലെയാകട്ടെ അതാരുടെ പക്കൽ കാണുന്നുവോ അവൻ എനിക്ക് അടിമയാകും നിങ്ങളോ കുറ്റമില്ലാത്തവരായിരിക്കും അവർ ബന്ധപ്പെട്ട് ചാക്ക് നിലത്തിറക്കി ഓരോരുത്തൻ താന്താന്റെ ചാക്ക് അഴിച്ചു അവൻ മൂത്തവന്റെ ചാക്ക് തുടങ്ങി ഇളയവന്റെ വരെ കഴിച്ചു ബെന്യാമിന്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു അപ്പോൾ വസ്ത്രം കീറി ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്നു യഹൂദയും അവന്റെ സഹോദരന്മാരും യോസെഫിന്റെ വീട്ടിൽ ചെന്നു അവൻ അതുവരെയും അവിടെ തന്നെയായിരുന്നു അവർ അവന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു യോസെഫ് അവനോട് നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി എന്ത് എന്നെ പോലെയുള്ള ഒരുത്തന് ലക്ഷണവിദ്യ അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചു അതിന് യഹൂദ യശമാനനോട് ഞങ്ങൾ എന്തു പറയേണ്ടു എന്തു ബോധിപ്പിക്കേണ്ടു എങ്ങനെ ഞങ്ങളെ തന്നെ നീതികരിക്കേണ്ടു ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി ഇതാ ഞങ്ങൾ യജമാനന് അടിമകൾ ഞങ്ങളും ആരുടെ കൈയിൽ പാത്രം കണ്ടുവോ അവനും തന്നെ എന്നു പറഞ്ഞു അതിന് അവൻ അങ്ങനെ ഞാൻ ഒരു നാളും ആരുടെ പക്കൽ പാത്രം കണ്ടുവോ അവൻ തന്നെ എനിക്ക് അടിമയായിരിക്കും നിങ്ങളോ സമാധാനത്തോടെ നിങ്ങളുടെ അപ്പന്റെ അടുക്കൽ പൊയ്ക്കൊള്ളുവീൻ എന്നു പറഞ്ഞു അപ്പോൾ യഹൂദ അടുത്തു ചെന്ന് പറഞ്ഞത് യജമാനെ അടിയൻ യജമാനനോട് ഒന്ന് ബോധിപ്പിച്ചുകൊള്ളട്ടെ അടിയന്റെ നേരെ കോപം ജ്വലിക്കരുതേ യജമാനൻ പറവോനെ പോലെയല്ലോ നിങ്ങൾക്ക് അപ്പനോ സഹോദരനോ െന്ന് യജമാനൻ അടിയങ്ങളോട് ചോദിച്ചു അതിന് ഞങ്ങൾ യജമാനോട് ഞങ്ങൾക്ക് വൃദ്ധനായൊരു അപ്പനും അവന് വാർധക്യത്തിൽ ജനിച്ച ഒരു മകനുമുണ്ട് അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി അവന്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളു അവൻ അപ്പന്റെ ഇഷ്ടനാകുന്നു പറഞ്ഞു അപ്പോൾ യജമാനൻ അടിയങ്ങളോട് എനിക്കെ കാണേണ്ടതിന് അവനെ എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചുവല്ലോ ഞങ്ങൾ യജമാനനോട് ബാലന് അപ്പനെ പിരിഞ്ഞുകൂടാ പിരിഞ്ഞാൽ അപ്പൻ മരിച്ചുപോകും എന്ന് പറഞ്ഞു അതിന് യജമാനൻ അടിയങ്ങളോട് നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോടുകൂടെ വരാതിരുന്നാൽ നിങ്ങളെന്റെ മുഖം ഇനി കാണുകയില്ല എന്ന് കൽപ്പിച്ചു അവിടത്തെ അടിയാനായ അപ്പന്റെ അടുക്കൽ ഞങ്ങൾ ചെന്നു യജമാനന്റെ വാക്കുകളെ അറിയിച്ചു അനന്തരം ഞങ്ങളുടെ അപ്പൻ നിങ്ങൾ ഇനിയും പോയി കുറെ ധാന്യം നമുക്ക് കൊള്ളുവീൻ എന്നു പറഞ്ഞു അതിന് ഞങ്ങൾ ഞങ്ങൾക്ക് പൊയ്ക്കൂടാം അനുജൻ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ പോകാം അനുജനില്ലാതെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുഖം കാണാൻ പാടില്ല എന്നു പറഞ്ഞു അപ്പോൾ അടിയാനായ അപ്പൻ ഞങ്ങളോട് പറഞ്ഞത് എന്റെ ഭാര്യ എനിക്ക് രണ്ട് പുത്രന്മാരെ പ്രസവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരിലൊരുത്തൻ എന്റെ അടുക്കിൽ നിന്ന് പോയി അവനെ പറിച്ചു കീറിപ്പോയി നിശ്ചയമെന്ന് ഞാൻ ഉറച്ചു ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടുമില്ല നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവനുമല്ല ആപത്തും വന്നാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ അവിടത്തെ അടിയാനായ അപ്പന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവന്റെ പ്രാണൻ ഇവന്റെ പ്രാണനോട് പറ്റിയിരിക്കൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും അങ്ങനെ അടിയങ്ങൾ അവിടത്തെ അടിയാനായ അപ്പന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും അടിയനപ്പനോട് അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ എന്നും അപ്പനെ കുറ്റക്കാരനായിക്കൊള്ളാമെന്ന് പറഞ്ഞ് അപ്പനോട് ബാലനുവേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു ആകയാൽ ബാലന് പകരം അടിയൻ യശമാനന് അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരോടുകൂടെ പൊയ്ക്കൊള്ളുവാനും അനുവദിക്കണമേ ബാലൻ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ അപ്പന്റെ എടുക്കൽ പോകും അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ